മനസ് ഉള്ളവരെ മനസ്സിന്റെ സ്വഭാവം എന്താന്ന് വെച്ചാൽ സ്വപ്നം കാണുക സ്വപ്നത്തിനെയാണ് നമ്മൾ ഭാവലോകം എന്ന് പറയണത് നമ്മളായിട്ടൊരു ഭാവലോകത്തിനെ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിലൂടെ പെറുക്കിയെടുക്കുന്ന കുപ്പയെ വെച്ചുകൊണ്ട് മനസ്സൊരു ഭാവലോകത്തിന് ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ പെറുക്കിയെടുക്കുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് സ്വപ്ന ഉണ്ടാക്കുന്നതിന് പകരം ഉപാസന കൊണ്ടൊരു ഭാവലോകത്തിനെ ഉണ്ടാക്കുന്ന കൗശലത്തിനെയാണ് യോഗം എന്ന് പറഞ്ഞാൽ ആ ഭാവലോകം ചിത്തത്തിനെ ശുദ്ധമാക്കി നിർമ്മലമാക്കി ബാഹ്യമായിട്ടുള്ള കളങ്കങ്ങൾ കൽമശങ്ങളൊക്കെ ഇല്ലാതാക്കി തെളിച്ചു കഴിയുമ്പോൾ ശ്രദ്ധാശക്തി അതിന്റെ കൂടെ ചേരുന്ന സമയത്ത് ുരുമുഖത്ത് നിന്നും ആത്മതത്വം സ്വരൂപലക്ഷണം കേൾക്കുമ്പോ സാക്ഷാത്തായിട്ട് അപരോക്ഷമായിട്ട് ബ്രഹ്മാനുഭവം ഉണ്ടാവും ബ്രഹ്മസാക്ഷാത്കാരമുണ്ടാവും അതിന് നമ്മളെ പ്രിപ്പയർ ചെയ്യാനാണ് ഈ തപസ് മാനസം വാശികം ഒക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ട് യഥോക്തം കായികം വാചികം മാനസം ച തപ തപ്തം നരൈ സത്വാദിഭേദന കഥം ത്രിവിധം ഭവതി ഇതി ഉച്ച ഈ മൂന്ന് വിധ തപസ്സും സത്വഗുണം രജോ ഗുണം എന്ന് പറഞ്ഞ് ഏതു മൂന്നായിട്ട് തിരിയ തിരിയണത് ഇതാണ് ഇനി പറയാൻ പോണത് നോക്കാം श्रद्धया തപസ്തത്രിവിധം നരൈ അഫലാകു സത് പരിചക്ഷത്തെസ്തികുദ്ധ്യ യാഷ്ടി അധിഷ്ടം നരൈ അനുഷ്ട്രക്ഷാര ത്വികം ശ്രദ്ധയാ പരമമായ ശ്രദ്ധ കൊണ്ട് എല്ലാത്തിനും ഒരു പരം ചേർത്തി കഴിഞ്ഞു സുപ്രീം വൈരാഗ്യം എന്ന് വച്ചാൽ പരവൈരാഗ്യം ശ്മശാന വൈരാഗ്യം മന്ദവൈരാഗ്യം പരവൈരാഗ്യം അതുപോലെ ശ്രദ്ധയ്ക്കും ഒരു കാരണം കൊണ്ട് കുറച്ചു നേരത്തേക്ക് വരുന്ന ഒരു ശ്രദ്ധ ചിലപ്പോ സത്സംഗത്തിലിരിക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഒരു ശ്രദ്ധ അറിയാതെ വന്നുപോകും ചിലപ്പോ ആ ശ്രദ്ധ തുടർന്ന് പ്രവർത്തിച്ച് അതിനോട് അറിവോടുകൂടിയുള്ള ആ ശ്രദ്ധ ജീവിതത്തിനെ സംശുദ്ധം ചെയ്യും ശ്രദ്ധയാ പറയാ തപ്തം തപഹാം തത്ത് ത്രിവിധം നറേഹി ഈ ശ്രദ്ധ കൊണ്ട് തപിക്കപ്പെടുന്ന ഈ തപസ് മൂന്ന് അഫലാകാംക്ഷിഭി യുക്തൈഹി യുക്തന്മാർ എന്ന് വെച്ചാൽ യോഗയുക്തന്മാർ കർമ്മയോഗികൾ ചിത്തശുദ്ധി വന്നിട്ടുള്ളവർക്ക് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുന്നവർക്ക് അതിനെ സാത്വികം എന്ന് പറയണു ഈ തപസ് വീണ്ടും വീണ്ടും ഭഗവാൻ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം ഇതിപ്പോ പറയണു ശ്രദ്ധയാ പറയാ തപസ്സിന് ഫ്യൂവൽ തന്നെ എന്താണ് ശ്രദ്ധ ശ്രദ്ധാശക്തി കൊണ്ടാണ് തപസ് ചെയ്യണത് ഭഗവത് സാക്ഷാത്കാരത്തിനെ മുൻനിർത്തി ലൗകികമായ യാതൊരു കാമനയുമില്ലാതെ തപസ് ശാരീരികം വാചികം മാനസം ആയിട്ടുള്ള തപസ് ചെയ്യണു ഫലേച്ഛ അങ്ങനെ ചെയ്യുന്ന തപസ്സുണ്ടല്ലോ ഹേ അർജുന അത് സാ ം പരിചക്ഷത്തെ അത് സാത്വികമാണ് നമ്മള് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക നമ്മൾ ചെയ്യണ ജപം പൂജ ഇതിലൊക്കെ സാത്വികമാണോന്ന് ചോദിക്കാം അങ്ങനെ അല്ലെങ്കിൽ രാജസം എന്താണ് അടുത്തത് സത്കാരമാന പൂജാർത്ഥം തപോദംഭേന രാജസംധ്രുവം സത്മാന പൂജ തപസ്സന്തിന്തിനകാരധുക്കാരധു അയം തപസ്വീ ബ്രാഹ്മണ ഇവർ മാനം പ്രത്യുത്താനാഭിവാദനാദിപി തദർത്ഥം പൂജ സത്കാരമാന പൂജാർത്ഥം ആളുകൾ വന്ന് ഇയാൾ വലിയ മഹാത്മാവാണ് സാധുവാണ് ഇയാള് യോഗ്യതയുള്ള ആളാണ് വളരെ കേമനാണ് എന്ന് ധരിക്കണം സത്കാരമാന പൂജാർത്ഥം അതിൽ ആചാര്യസ്വാമി പറഞ്ഞു മറ്റുള്ളവർ നമുക്ക് പാദപൂജ ചെയ്യണം നമസ്കരിക്കണം നമ്മളെ ആദരിക്കണം ഞാനാണ് ഏറ്റവും വലിയ തപസ്വി പലപ്പോഴും ഈ ആത്മജ്ഞാനമെന്നോ ഭഗവത് സാക്ഷാത്കാരമെന്നോ ഉള്ള നിശ്ചയാത്മിക ബുദ്ധി ലക്ഷ്യമില്ലാത്ത ആളുകൾക്ക് അവരുടെ തപസ്സിന്റെ ഫലം തന്നെ മറ്റുള്ളവരെ കൊണ്ട് ബഹുമാനിപ്പിക്കലാണ് ചെയ്യുന്നത് തന്നെ എന്തിനാന്ന് വെച്ചാൽ യാണ്ടീതിജനെല്ലാം പീതി ഭജന പീട് ഇല്ലാതെ ഇടത്ത നൃത്തി നടുപ്പിലെല്ലാം സന്ദർക്കുമോലയോ അങ്ങനെ അങ്ങ് ഇങ്ങും കേക്കില്ലയൊന്നും അടുത്ത അഗ്രഹാരത്തി പോണോ ഭജന പജനക്ക് പരത്തിയാ ഭഗവാൻ കേക്കറക്കില്ലേ സത്കാരമാന പൂജാർത്ഥം നാലാളുകളുടെ സത്കാരം കിട്ടാൻ വേണ്ടി അതുകൊണ്ടാണ് ഭാഗവതത്തിലെ കപില ഭഗവാൻ സത്സംഗത്തിനെ പോലും പറഞ്ഞു സാധുക്കളെ സേവിക്കണം അവരുടെ സാധാരണ വ്യവഹാരത്തിൽ പോലും അവർ സത്സംഗമും ഭഗവത് വിഷയങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ നോക്കൂ ഒരു സപ്താഹത്തിനോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലോ ഭജനയ്ക്കോ അങ്ങനെ സമയത്ത് മാത്രം പാടുകയോ ജപം ചെയ്യോന്നല്ലാതെ തനിച്ചിരിക്കുമ്പോഴും സദാസമയമും അവർക്ക് ആ ഭാവമുണ്ടോ എന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ ആശ്രയിക്കുന്നു ഈ തപസ്വ സത്കാരത്തിനും മാനത്തിനും ഇയാള് തപസ്വിയാണ് നല്ല ആളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഒരു പ്രത്യുത്ഥാനാഭിവാദനൈഹി മറ്റുള്ളവര് നമ്മളെ കണ്ടാ എഴുന്നേറ്റ് നിൽക്കണം നമസ്കരിക്കണം ഭഗവാൻ നമ്മുടെ മഹർഷിയെ കുറിച്ച് മേജർ ചാഡ്വിക് എന്ന് പറയണ ഒരു യൂറോപ്യൻ അദ്ദേഹം എഴുതിയിട്ടതിൽ പറഞ്ഞു പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നാ പോലും മഹർഷി വരുമ്പോ ഞാനെന്താ പുലിയോ സിംഹമോ എന്നെ കണ്ടാ എന്തിനെ പേടിക്കണം ഈ ചാഡ്വികിന്റെ റൂമിൽ അദ്ദേഹം വന്ന് സ്വയമേവ വന്ന് ബാഗൊക്കെ തുറന്നൊക്കെ ചെയ്യും മഹർഷി ചാഡ്വിക് പറഞ്ഞു അദ്ദേഹം ആരുടെ റൂമിലും പോകാതെ എന്റെ റൂമിൽ നടന്നു വന്ന് വരുമ്പോൾ എന്റെ റൂമിൽ കയറണു എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം ഞാൻ എഴുന്നേക്കില്ല ഒരു സ്പെഷ്യാലിറ്റി ഒന്നും കാണിക്കില്ല എന്നറിയാം അതുകൊണ്ട് സഹജമായിട്ട് വരും ഒരു ദിവസം വരണമല്ലോ എന്ന് പറഞ്ഞ് ഒരു ചെയറിട്ട് വെച്ചു അത്രേ ഇരിക്കട്ടെ എന്ന് അത് കണ്ടത് മുതൽ അടുത്ത ദിവസം മുതൽ വന്നില്ല എന്തെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞ് ആശിച്ച് സത്കാരം പൂജ ഇതിനു വേണ്ടി ൂ ഭക്തന്മാരുടെ സൈഡിൽ നിന്ന് ശിഷ്യന്മാരുടെ സൈഡിൽ നിന്ന് ഇതൊക്കെ ചെയ്യടന്ന് പറഞ്ഞു നമ്മള് അല്ലേ മുമ്പ് ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം അതും ഇതും കൂടി തിരിച്ച് തിരിച്ച് നോക്ക ഒരു ഗുരുവിനെ പൂജിക്കണം ആദരിക്കണം ഇപ്പൊ ഈ ശ്ലോകത്തിന് നമ്മൾ വേറെ വിധത്തിൽ വെച്ച് ഗുരുവിന് ഇപ്പൊ ഞാൻ പൂജിച്ചിട്ടില്ലെങ്കിൽ എന്താ അദ്ദേഹം പൂജിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഞാനൊന്നും നോക്കട്ടെ ഇയാൾ എഴുതണ പറയണ പരീക്ഷ ഒക്കെ ഗുരു പാസ്സാവണം ശിഷ്യന്റെ സൈഡിൽ നിന്ന് ആദരവ് ഭക്തി ഒക്കെ ഉണ്ടാവും പക്ഷെ സാധുവിന് പേഴ്സണലി അയാൾ ചെയ്യുന്ന അനുഷ്ഠാനമോ ജപമോ ഭക്തിയോ തപസ്സൊന്നും തന്നെ നാലാൾക്ക് അറിയാൻ വേണ്ടിയോ കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ല പലപ്പോഴും ബഹിരംഗപ്പെട്ട് കഴിഞ്ഞാൽ തപസ്സൊക്കെ നിന്ന് പോകും ംഭംന്ന് വച്ചാൽ അഹങ്കാരം വേഷം കെട്ടെന്ന് പറയാം ദമ്പത്തിന് വേണ്ടി ചെയ്യുന്ന തപസ് ഉണ്ടല്ലോ രാജസം അത് രജോ ഗുണയുക്തമാണ് അതധിക കാലം ഒന്നും നിക്കില്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന തപസ് ഇപ്പൊ ഒരു സിനിമയില് മഹർഷി മഹർഷിയായിട്ട് വേഷം ഇടുന്ന ആള് എത്ര ദിവസം വേഷം ഇട്ട് നടക്കും അയാൾക്ക് സിനിമ കഴിഞ്ഞാൽ കഴിഞ്ഞു അയാളുടെ പർപ്പസ് ആ സിനിമയിൽ അയാൾ ഋഷിയായിട്ട് വേഷം കെട്ടി തപസ് ചെയ്യണ പോലെ എങ്ങനെയായിരുന്നു എത്ര നേരം ഇരിക്കും പറയും തപ്പോ ദംഭേന രാജസം ചലമധ്രുവം ഭഗവാൻ പറഞ്ഞു അങ്ങനെയുള്ള തപസ്സ അങ്ങനെയുള്ള ആരാധന രജോ അത് ചിലവാണ് അതിലെന്തെങ്കിലും ഒരു ഇഫക്റ്റ് ഉണ്ടായാലും അധ്രുവം അത് നിത്യമായിട്ട് ഇരിക്കില്ല ഇനിയിപ്പോ തമോ ഗൂഢ പ്രധാനമായ തപസ് നോക്ക മൂഢഗ്രാഹേണാത്മനഹാം യത് പീഡയാക്രിയത്തെ തപഹാം പരസ്യോത്സാദനാർത്ഥം വാം ുദാഹൃതം മൂഢഗ്രാഹേണ് മൂഢഗ്രാഹം എന്ന് വെച്ചാൽ നിശ്ചയം വിവേകമില്ലാത്തൊരു നിശ്ചയം തപസ് ചെയ്യുന്നു എന്തിനോ വേണ്ടി ഘോരമായിപ്പോ രാവണൻ ഹിരണ്യ കശിപ്പൂ ഒക്കെ ചെയ്ത പോലൊരു തപസ് തപസ് ചെയ്ത് ഇന്ദ്രന്റെ പദവിയെ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞ് തപസ് കുംഭകർണൻ തപസ് ചെയ്തു അവസാനം സ്ലീപ്പിംഗ് ടാബ്ലറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു ആറു മാസം ഉറങ്ങാനുള്ള ട്രാങ്ക്ലൈസർ ഒരു തപസ് വാങ്ങി ചെയ്തിട്ട് ഫലം രാമകൃഷ്ണപരമം സർ ഒരു കഥ പറയും ഒരു ഞാനീടെ അടുത്ത് ഒരാൾ വന്നു ഒരു സിദ്ധൻ അയാള് പറഞ്ഞു ഞാനേ തപസ്സ് ചെയ്തിട്ട് എന്ത് വലിയ സിദ്ധികളൊക്കെ നേടിയിരിക്കണത്തനീ കാണിച്ചു തരാൻ വരൂ എന്ന് പറഞ്ഞിട്ട് ഗംഗയുടെ മേലെ ഇങ്ങനെ ആക്കിയപ്പോ ഗംഗ അങ്ങനെ ഈ മൊസയെക്കിട്ട ഫ്ലോറ് പോലെ ആയി എന്നിട്ട് അതിന്റെ മേലെ അങ്ങോട്ട് പോയി നടന്നിങ്ങോട്ട് വന്നു വെള്ളത്തിന്റെ മേലെ നടക്കാനുള്ള പവർ ഉണ്ടായി അപ്പോ ഈ ഞാൻ ചോദിച്ചു ശരി ഇതിന് നീ ഇപ്പ എത്ര വർഷം തപസ് ചെയ്തു എനിക്ക് അത്ര അഭിമാനം അതില് പന്ത്രണ്ട് വർഷം ഞാൻ തപസ് ചെയ്തു അപ്പൊ പന്ത്രണ്ട് വർഷം തപസ് ചെയ്ത് നിനക്ക് നാലെണ്ണ ലാഭമു രണ്ടു പാപവും എന്താ നാലെണ്ണ ലാഭം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ തോണിക്കാരനെ വിളിച്ച് നാലെണ്ണം കൊടുത്ത് അങ്ങോട്ട് കൊണ്ടാക്കും ആ നാലെണ്ണം നിനക്ക് കൊടുക്കേണ്ട വെള്ളത്തിന് മേലെ കൂടെ നടന്നു പോവാം പക്ഷേ ഈ ജലസ്തംഭനം ചെയ്യുമ്പോൾ ഒരുപാട് ജീവികൾ മരിച്ചു പോവും പ്രകൃതിക്ക് ദോഷം വരുത്തും പ്രകൃതിയുടെ നിയമത്തിന് വിരുദ്ധമായി അപ്പൊ പാപവുമായി വേറെയൊരു ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വേറെ ഒരു കഥ ഇതിനോട് കൂടെ ചേർന്ന് പറയും ഒരാൾ ഇതുപോലെ മെനക്കെട്ട് തപസ് ചെയ്യുമ്പോൾ തന്നെ പ്രയോജനം എന്താന്ന് വെച്ചാൽ നാല് ആളുകൾ അനുമോദിക്കണം എന്നാണല്ലോ അപ്പൊ ഇയാൾ വന്നിട്ട് ഇയാളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു ഞാനിതാ വെള്ളത്തിന്റെ മേലെ കൂടെ നടന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇയാള് വെള്ളത്തിന്റെ മേലെ കൂടെ നടന്നു തിരിച്ചു വന്നു ഈ ഫ്രണ്ട് കണ്ട് ആശ്ചര്യപ്പെടുന്നു വന്ന് നോക്കിയാ അങ്ങനെ ഒരു വികാരവും ഇല്ലാതിരിക്കണു ഒത്തിരി കമ്മിയാണ് അപ്പോ അപ്പൊ ഇയാള് വന്ന് ചോദിച്ചു നീ കണ്ടില്ലേ ചോദിച്ചു ആ കണ്ടു ഞാനിപ്പ എന്താ ചെയ്ത് വെള്ളത്തിന് മേലെ കൂടെ നടന്നു ഇത് നിനക്ക് എന്ത് മനസ്സിലായി നിനക്ക് നീന്താൻ അറിയില്ല അന്ന് മനസ്സിലായില്ല ഇങ്ങനെയുള്ള ആളുകൾ ചെലപ്പോ നമ്മള് വിചാരിക്കും വരെയൊക്കെ നമ്മളെ കണ്ട് അത്ഭുതപ്പെടുന്നു വിചാരിച്ച ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്ത തപസ്സൊക്കെ പോയില്ലേ അപ്പൊ മൂഢഗ്രാഹേണ എത്രയൊക്കെ കഷ്ടപ്പെട്ട് അഹങ്കാരം കൊണ്ട് ലോകനിഗ്രഹത്തിന് വേണ്ടി ഒരു തപസ് ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ ഹിറ്റ്ലർ മുസോൾനി എത്ര പേര് വന്നു എല്ലാവരും തപസ്വികളാ എന്തൊക്കെയോ ചെയ്ത് ശക്തികളൊക്കെ ഉണ്ടാക്കിയവരാ പല ആത്മനാ പീഡയാ ക്രിയത്തെ ശരീരത്തിനെ പീഡിപ്പിച്ച് കൈയും കാലും തലയൊക്കെ വെട്ടി അഗ്നിയിൽ ഹോമിക്കാണേ നമ്മളൊക്കെ എങ്ങനെ ചെയ്യോ അങ്ങനെയൊക്കെയാണ് തപസ് ചെയ്യണത് ഈ ഭസ്മാസുരന്റെ കഥ ഉണ്ടല്ലോ മൃഗൻ അയാൾ ഇങ്ങനെ കൈയ്യും കാലുമൊക്കെ വെട്ടി തൊഴിലൊക്കെ ഇങ്ങനെ മാംസമൊക്കെ വെട്ടി അഗ്നിയിൽ ഇടാ ശിവൻ പ്രസന്നനായി അവസാനം എന്തായി അയാള് ചോദിച്ച ഞാൻ ആരുടെ തലയിൽ കൈവെച്ചാലും അവൻ ഭസ്മമായി പോണം ഇതിന് തപസ് വേണോ നമ്മള് ചെയ്യുന്നത് അതാണ് ഒരു ഇൻഡിവിജ്വലിന്റെ കഥ പറഞ്ഞിട്ട് ഒരു നേഷൻ തന്നെ പലപ്പോഴും ചെയ്യുന്നത് അതാണ് അല്ലെ ഒരുപാട് പണമൊക്കെ ചെലവാക്കി കഷ്ടപ്പെട്ടിട്ട് ആറ്റം ബോംബ് ന്യൂക്ലിയർ ബോംബ് എന്നിട്ട് അവസാനം അത് നാട്ടിൽ തന്നെ പൊട്ടും അതാണ് ഭസ്മാസുരന്റെ കഥ അയാൾ അവസാനം അയാളുടെ തലയിൽ തന്നെ കൈവച്ചു ഈ തപസിന്റെ തപസ് എന്ന് വെച്ചാൽ എഫർട്ടാണല്ലോ ഒരുപാട് എഫർട്ട് ചെയ്തു പ്രയോഗിച്ചു എഫേർട്ടിന്റെ റിസൾട്ട് എന്താ മോഘാശാഹ മോഹകർമാണ മോഘജ്ഞാന വിജേതസഹ രാക്ഷകൃതി മോഹിനിയും ശ്രിതാഹം അവരുടെ ആഗ്രഹങ്ങള് അതിനു പുറകിൽ അറിവില്ല മൂഢമായ ആഗ്രഹങ്ങള് വേസ്റ്റ് അവരുടെ കർമ്മങ്ങളോ അതിന്റെ ഇഫക്റ്റും ആർക്കും ഉപകാരമില്ലാത്ത കർമ്മങ്ങള് അവരുടെ അറിവോ അതും പ്രയോജനമില്ല പ്രകൃതിയെ മുഴുവൻ ദ്രോഹിക്കുന്ന രാക്ഷസവും ആസുരവുമായ അറിവും കർമ്മങ്ങളും അങ്ങനത്തെ തപസാണ് ഇവിടെ താമസം എന്ന് ഭഗവാൻ പറഞ്ഞു ശരീരത്തിന് പീഡിപ്പിച്ചിട്ട് സാധിച്ചു എന്നിട്ട് എന്താ സാധിച്ച പരസ്യ ഉത്സാദനാർത്ഥം വേറെ ഒരാൾക്ക് ബുദ്ധിമുട്ട് കൊടുക്കാനായിട്ട് സാധുഷുപ്രഹിതം തേജഹ പ്രഹർത്തുഹു കുരു അശിവം ളുടെ മേലെ ഒരു ശക്തിയെ പ്രയോഗിച്ചാൽ തിരിച്ച് തന്റെ മേലെ തന്നെ അടിക്കും അവസാനം ഇയാൾ ആരുടെ മേലെങ്കിലും പോയി പ്രയോഗിക്കും പരസ്യ ഉത്സാദനാർത്ഥം വ മറ്റുള്ളവനെ ദ്രോഹിക്കാനും നശിപ്പിക്കാനായിട്ടുള്ള അറിവ് കർമ്മങ്ങൾ ഒക്കെ തന്നെ താമസമുദാഹൃതം ചിലര് സിദ്ധികളൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞുവിടും ഓരോരുത്തരുടെ മേലേക്ക് ഒക്കൾട്ട് സയൻസ് അതൊരു ശാസ്ത്രമാണ് ചിലര് ഓരോരോ ശക്തികളെ മഹാപുരുഷന്മാരുടെ മേലെ പോലും പറഞ്ഞിട്ടുണ്ട് ശങ്കരാചാര്യരുടെ മേലെ അങ്ങനെ മഹാത്മാക്കളുടെ മേലയ്ക്ക് പോലും ഇങ്ങനത്തെ ശക്തിയൊക്കെ പറഞ്ഞയക്കോരും ഈ തപസ്സൊക്കെ ചെയ്ത് തമോ ഗുണപ്രധാനമായി രജോ ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ അവർക്ക് സന്തോഷം തന്നെ മറ്റുള്ളവരിൽ കിട്ടുന്ന ദമ്പമായതുകൊണ്ട് ശിഷ്യന്മാർ ആരൊക്കെ കിട്ടിയാലും പിടിച്ചു വയ്ക്കും അവരുടെ സ്വാധീന വലയത്തിന് രക്ഷപ്പെടാനേ സമ്മതിക്കില്ല ദേവന്മാർ പോലും അങ്ങനെയാണെന്നാണ് ശ്രുതി ഭരണത് ഉത്തമമായ ഒരു ജ്ഞാനിയായ ഒരു ഗുരു മാത്രമേ നമ്മൾക്ക് നമ്മളുടെ പൂർണമായ സ്വരൂപത്തിനെ ബോധിപ്പിച്ച് സ്വതന്ത്രമായിട്ട് പോകൂ കണ്ണുടേ വള്ളലാർ ഒഴിവിലൊടുക്കും എന്ന് പറഞ്ഞ കൃതി അതിൽ ശിഷ്യന് ഞാനുണ്ടായി ഗുരുവിന്റെ അടുത്ത് ഞാൻ എന്താ അങ്ങേക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഗുരു പറഞ്ഞു നീ തിരിഞ്ഞു നോക്കാതെ പോപദേശിച്ച വസ്തുവിൽ നിൽക്ക് അത് അപ്പൊ ഈ തപസ്സൊക്കെ തന്നെ തമോ ഗുണപ്രധാനമായ തപസ്സാണെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുക തന്നെ ദ്രോഹിക്കണതും മറ്റുള്ളവരെ ദ്രോഹിക്കൽ തന്നെയാണ് ഈ ശരീരം നമ്മളുടെയാണോ ശരീരത്തിനെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടിൽ എന്തറിയും പ്രാകൃതമായി നാവല് ശൂലം കുത്തിക്കയറ്റും ആണിയുടെ മേലെ ഇരിക്കും തീക്കനലിന്റെ മേലെ ഇരിക്കും ഒക്കെ ചെയ്യും ഈ ദേഹം ോദേവാലയ പ്രോക്ത ഉള്ളം പെരുോയിൽ ഊണ് ഉടമ്പു ആലയം വള്ളർ പ്രാണാർക്ക് വായ് ഗോപുരവാസൽ തെള്ള തെളിഞ്ഞാർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലൈ കാളാം ഐന്ദും കാളാമണിവിളക്കേ ശരീരമേ കോരോഹം കൂടാതെ അത് കഷ്ടം കൊടുക്കും യുക്താഹാര വിഹാരുക്തേ കർമ്മസു യുക്തസ്വപ്നാവബോധസ് യോഗോഭവതി ദുഃഖ ഭഗവാൻ ഗീതയില് ആ മാർഗത്തിനെ പറഞ്ഞു യുക്തമായ ആഹാരം യുക്തമായ നിദ്ര യുക്തമായ തപസ് എല്ലാം നമ്മൾ പൊതുവെ പറയും മല നിലയ്ക്ക് നിന്ന ഈ ശരീരത്തിനെ ദ്രോഹിക്കരുത് അങ്ങനെ ദ്രോഹിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള ശക്തികളൊക്കെ നേടിയെടുക്കുന്നവരുണ്ടല്ലോ അവര് തമോ ചില തന്ത്ര തന്ത്രമും ചില ശാസ് നീച മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് ചിലരൊക്കെ മറ്റുള്ളവരുടെ മേലേക്ക് ശക്തികളെ അയക്കുക തടാ എന്തൊക്കെയുണ്ട് ഇവിടെ ആ മാർഗങ്ങളിലേക്കൊന്നും പോകരുത് അർജുന അടുത്ത ശ്ലോകം ഇനിയിപ്പോ പറയണത് നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ദാനം ഒരു സാധു ഒരിടത്ത് ധ്യാനിച്ചുകൊണ്ടിരുന്നു അപ്പൊ ആളുകളൊക്കെ തന്നെ ഇദ്ദേഹം ഒരു മരത്തിന്റെ ചോട്ടിൽ ഓപ്പൺ ആയിട്ടിരുന്ന് ധ്യാനിക്കണത് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ മുമ്പിൽ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കാം ഇദ്ദേഹത്തിന് ധ്യാനിക്കാനേ പറ്റണില്ല എപ്പോ കണ്ണു തുറന്നു നോക്കിയാൽ ആളുകൾ ഒരാളും ഇദ്ദേഹത്തിന് ധ്യാനിക്കാൻ സമ്മതിക്കുന്നില്ല വട്ടത്തില് നിൽക്കണം അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോ ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ഒരു വഴിയും കണ്ടില്ല അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു വേറൊരു സന്യാസി വന്നു ആ സന്യാസിയുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയാപ്പൊ ഇവര് എന്നെ കണ്ണുമൂടി ധ്യാനിക്കാൻ സമ്മതിക്കുന്നില്ല ചുറ്റും വന്ന് നിക്കാം എന്തോ കാണാനായിട്ട് അപ്പൊ സന്യാസി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയണ പോലെ ചെയ്യും പണക്കാരുടെ അടുത്ത് പണം വാങ്ങിക്കും ചോദിക്കൂ ഡോണേഷൻ എന്നിട്ട് ഈ സാധുക്കൾക്ക് ലോണായിട്ട് കൊടുക്കൂ ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂന്നു അപ്പൊ അദ്ദേഹം പണക്കാരുടെ അടുത്ത് വരണത്തൊക്കെ ഡൊണേഷൻ ചോദിച്ചു സാധുക്കൾക്ക് ലോണായിട്ട് കൊടുത്തു പണക്കാരൊക്കെ പറഞ്ഞു അയ്യോ നമ്മുടെ പണം വെറുതെ ഇദ്ദേഹം ചോദിക്കുന്നു ഇനി അങ്ങോട്ട് പോണ്ടെന്ന് വെച്ചു ഈ ലോണ് കൊടുത്തോ പിന്നെ വരാൻ ഉണ്ടോ അയാളും പോയി അപ്പം അപ്പൊ തിരക്കില്ലാതായി എന്നാണ് ഏകാന്ത സ്ഥിതി അപ്പോ ദ അടുത്തത് ദത്തില് സാത്വികം രാജസം താമസം അതിലുണ്ട് നോക്കൂ ദാത്ത ദീയത്തെ അനുപകാരിണേ ദേശേ കാ തദ്ദം സാത്വികം സ്മൃതം സാത്വികമായ ദാനം എന്താണ് ദാതവ്യം ഇത് യദ്ദാനം ഏവം മനഃ കൃത്വം മനസ്സിനെ തീരുമാനിക്കണം കൊടുക്കണം ആർക്ക അനുപകാരിണേ നമുക്ക് ഉപകാരം ചെയ്ത ആളുകൾക്ക് കൊടുക്കുന്നത് ദാനമല്ല അത് പ്രത്യുപകാരം നമുക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത ആള് പക്ഷെ ഡിസേർവിംഗ് പേഴ്സൺ എന്നുവെച്ചാൽ അയാളെ പുതിയതായിട്ട് കാണുകയായിരിക്കും നമ്മൾ ചിലപ്പോ കറക്റ്റ് സമയത്തില് നല്ല സമയത്തില് അയാൾക്ക് വേണ്ട സമയത്തില് അയാൾക്ക് ദാനം കൊടുത്താൽ അത് സാത്വിക്കം കൊടുക്കണമെന്നുള്ള വിചാരം ഇല്ലാതെ കൊടുക്ക വളരെ വിഷമമാണ് അതുകൊണ്ടാണ് വേദം പറഞ്ഞത് ഹ്രിയാദേിയാദേവിധാദേ ദാനം കൊടുക്കുമ്പോ ജ്ജയോടുകൂടെ കൊടുക്കണം എന്നാണ് ഹിറിയാദേ പേടിയോടുകൂടെ കൊടുക്കണം എന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തതെന്ന് തോന്നും കൊടുത്ത ശേഷം അടുത്ത ദിവസം അയാൾ നമ്മളെ കണ്ട് മുണ്ടഴിച്ചിട്ടില്ലെങ്കിൽ കെട്ടഴിച്ചിട്ടില്ലെങ്കിൽ തോന്നും ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ദേഷ്യം വരും സംവിധാ അറിവോടുകൂടെ ഭഗവാനാണ് കൊടുക്കണം തോന്നുന്നത് അയാൾക്കൊന്നുമല്ല കൊടുക്കണത് അത് ആവശ്യമുള്ളതേ കൊടുക്കാൻ പാടുള്ളൂ വിശപ്പിന് അന്നം കൊടുക്കുക ഉടുക്കാൻ വസ്ത്രം അല്ലെങ്കിൽ വസ്ത്രം കൊടുക്ക ഭോഗത്തിനുള്ള വസ്തുക്കളൊന്നും കൊടുത്താൽ ദാനമല്ല ആവശ്യത്തിനുള്ള വസ്തു അയാൾ ദുരുപയോഗപ്പെടുത്താത്ത വിധത്തിലുള്ള വസ്തുക്കളെ കൊടുക്കാം അപ്പോ അങ്ങനെയുള്ള ദാനം ദാതവ്യമിത്തിയത് ദാനം ശ്രമത്തില് സ്വാമി രാമദാസിന്റെ ആദ്യ പ്രഥമ ശിഷിയായ കൃഷ്ണാഭായ് എന്ന് പറയുന്ന അമ്മ അവരിങ്ങനെ ആശ്രമത്തിലുള്ള സ്വത്തൊക്കെ കൊടുത്തുകളെ സ്വാമി രാമദാസ് തന്നെ പറയും കൃഷ്ണാബായിനെ കുബേരന് സെക്രട്ടറി ആക്കി വെച്ചാൽ രണ്ടു ദിവസത്തില് കുബേരൻ പാപ്പറാവും ഒരു ദിവസം ഒരാള് വന്ന് പറഞ്ഞു വളരെ വിഷമാണ് വീട്ടില് ജീവിക്കാൻ ഒരു വഴിയും കാണാനില്ല അപ്പൊ അമ്മ നോക്കി ആശ്രമത്തിലും പണമൊന്നുമില്ല ആശ്രമം തന്നെ കടത്തിലാണ് പൈസയൊന്നുമില്ല അപ്പോ പശു തൊഴുത്തിൽ പോയി ഒരു പശുവിനെ അഴിച്ച് ഇയാളുടെ അടുത്ത് പറഞ്ഞു കൊണ്ടുപോയി കെട്ടിക്കോളൂ പാല് നല്ല പാല് കറക്കുന്ന പശുവാണ് വിറ്റോട ഇയാള് പശുവിനേയും കൊണ്ടുപോയി പോയിട്ട് കുറച്ചുനേരം അരമണിക്കൂർ കഴിഞ്ഞില്ലേ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു പശുവിനെ കെട്ടാൻ സ്ഥലമില്ല ആശ്രമത്തില് ഒരു കെട്ടിടത്തിനെ അഴിച്ച് ചെറിയൊരു കെട്ടിടം അഴിച്ച് ഓടും കട്ടളയൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു തൊഴുത്തു പശു തൊഴുത്ത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞില്ല അടുത്ത ദിവസം അയാൾ വന്ന് പറഞ്ഞു പശുവിനെ തീറ്റ തീറ്റ കൊടുക്കാൻ പൈസ ഇല്ല ആശ്രമത്തിന്റെ കണക്കില് പിണ്ണാക്കും പരുത്തിട്ടൊക്കെ വാങ്ങിച്ചോളൂ വന്ന് കൊടുത്തു അവിടെ കണക്ക് വെച്ചോളൂന്നു കഴിഞ്ഞിട്ട് നാലു ദിവസം കഴിഞ്ഞിട്ട് അയാൾ വന്നു പറഞ്ഞു പാൽ ആരും വില കൊടുത്ത് വാങ്ങിക്കണില്ലാശ്രമത്തിലേക്ക് പാല് കൊണ്ടുപോകാൻ ഞങ്ങൾ പൈസ തരാമെന്ന് പശുവിനെ കൊടുത്ത് തൊഴുത്ത് കെട്ടിക്കൊടുത്ത് പശുവിന് തീറ്റ കൊടുത്ത് ആ പാല് വില കൊടുത്ത് വാങ്ങിക്കണമെങ്കിൽ അല്പമെങ്കിലും കൊടുത്തു എന്ന് വിചാരം ഉണ്ടെങ്കിൽ പറ്റില്ല അല്ലെ തന്നു കഴിഞ്ഞു പപ്പോ പോ ഒരു പിച്ചക്കാരം വന്ന് കാസലിൽ വന്ന് കയ്യിട്ട് അമ്മാസ ഇൻ തിങ്ക ചുവാക്കിമ വ്യാഴക്കിഴമിക്കഴമിക്കേ അവൻ കേക്കുറവ് ഒരു പോ ഒന്നും ഇല്ലേ പോ അഞ്ചൊന്നുമേ ഇല്ല അവല പണപ്പെടാതോ അപണാമല േഹികൾ ഉണ്ട് ഒരുത്തർ പണക്കാരടി കമ്പനിയുടെ ആഹിക ഇവാളൈറ്റിക്ക് എന്ന പ്രയോജനം അവളും ഐ ടി കമ്പനിൽ പോാരോ ഒരുത്തോട്ട് കാമ്പടിഷനുക്ക് വരാമെന്ത ഒരു പോലെയോ അതൊരു പെരിയ കോൺട്രിബ്യൂഷൻ ഇല്ല ആ സൊസൈറ്റിക്ക് ആൻഡ് ഈസ് പ്രൊവൈഡിങ് യു എ ചാൻസ് ഫോർ യു ടു ഗിവ് കൊടുക്കരുക്ക് ആള് ഇല്ലെന്നാ നീ ബിക്ഷക്കാരനെ പോയിട്ട് വേ കേരളത്തിൽ ഭിക്ഷക്കാരെ കാണാനില്ല ചിലരൊക്കെ അമ്പലത്തിൽ പോയിട്ട് കൊടുക്കണം എന്ന് വിചാരിക്കണ ഒരാളെയും കിട്ടുന്നില്ല കൊടുത്ത് ആരും വാങ്ങിക്കില്ല വാങ്ങിക്കാൻ ആളില്ല അപ്പൊ ആരാ ഒരു ഭിക്ഷക്കാരനെ കിട്ടോ ഭിക്ഷകാരനെ കിട്ടൂ ഭിക്ഷക്കാരം ഭിക്ഷാം ദേഹി